ശിവ സി ബസാര ജി ശ്രദ്ധയോടെ യോഗം നടക്കുകയാണ് ഈ ശരത് ഭാഷ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇത് രണ്ടു തരത്തിലുള്ള ഭാഷയുണ്ട് ഒന്ന് പദ ഭാഷ്യം പദങ്ങളെ പ്രധാനമായും വ്യാഖ്യാനിക്കുന്നത് മറ്റൊന്ന് വാക്യഭാഷ്യം ുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിക്കുന്നു നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പദഭാഷ്യമാണ് അത് മന്ത്രങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വരുന്ന ഭാഗം ആമുഖമായി ഭാഷകാരൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് തുടങ്ങുന്ന എങ്ങനെയാണ് കേനേഷിതം ഇത്യാദ്യ ഉപനിഷത്ത് പരബ്രഹ്മവിഷയാ വ്യതവേതി നവമസാധ്യ ആരംഭിതം ഇടിയ ഉപത് നമ്മൾ സാധാരണ കേനുപനിഷത്ത് എന്ന് പറയും നമ്മുടെ ഭാഷകാലം പറയുന്നു കേന എന്ന് തുടങ്ങുന്ന യുപനിഷത്ത് അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു പരബ്രഹ്മ വിഷയ ഇതിന്റെ വിഷയം പരബ്രഹ്മമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു വക്തവ്യ അതാണ് ഇനി പറയേണ്ടത് അതിനുവേണ്ടി നൌമസി അധ്യായ സി ആരംഭ ഇതൊമ്പതാം അധ്യായമാണ് ഒന്നുമ്പോ പറഞ്ഞാൽ ഇത് സാമവേദത്തിൽ വരുന്നാണ് ശരിക്കും സാമവേദത്തിൽ ഇത് വരുന്നില്ല സാമവേദത്തോട് അനുബന്ധമായി വരുന്ന ബ്രാഹ്മണ ഭാഗത്താണ് ഉപനിഷത് ബ്രാഹ്മണ എന്ന് പറയും സാമവേദത്തിന്റെ ണങ്ങളിൽ പല ശാഖകളുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് ജൈമിനീയ ശാഖ ബ്രാഹ്മണ് ആ ബ്രാഹ്മണഭാഗത്താണ് യുവൻഷത്തുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാമവേദം എടുത്തു നോക്കിയാൽ അവിടെ യുവൻഷത്ത് കാണത്തില്ല സാമവേദം പ്രത്യേകിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യാഖ്യാനങ്ങളോടുകൂടി അവിടെയൊന്നും ഇന്ന് കിട്ടത്തില്ല കാരണം ഇത് ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതാണ് അതിന് അനുബന്ധമായി വരുന്നതാണ് പക്ഷെ ഈശാവാസ്യം അങ്ങനെയല്ല യജുർവേദത്തിന്റെ അവസാന ഭാഗത്താണ് അത് വരുന്നത് യജുർവേദം നമ്മൾ നോക്കിയാലും അതിന്റെ അവസാന ഭാഗത്തായി ഈശാവാസ്യം കാണുന്നു ഇതങ്ങനെ കിട്ടില്ല ഇതിനു മുമ്പ് എട്ട് അധ്യായങ്ങളുണ്ട് ഈ ബ്രാഹ്മണത്തിൽ ജൈമിനേയ ഉപനിഷത്ത് ബ്രാഹ്മണം അല്ലെങ്കിൽ ഇവിടെ വേറെന്ന് പറയുന്നുണ്ട് തലപകാര ബ്രാഹ്മണം എന്നു പേരുണ്ട് ഇതിൽ പല അധ്യായങ്ങളുണ്ട് അതിൽ ഒമ്പതാമത്തെ അധ്യായമാണ് ഈ ഉപനിഷത്ത് പല ഉപനിഷത്തുകളും ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത് ഛാന്തോഗിയും അത് ബ്രാഹ്മണ ഭാഗത്താണ് വരുന്നത് അതും ബ്രാഹ്മണ ഭാഗത്താണ് അത് ആരണ്യകവുമാണ് പല ആ ബ്രാഹ്മണഭാഗത്ത് വരുന്നു തത്വപ്രധാനമായി വരുന്ന പലതും ബ്രാഹ്മണഭാഗത്താണ് വരുന്നു അല്ലെങ്കിൽ ആരണ്യകം തൈത്തിരി ആരണ്യികം ആരണ്യക ഭാഗത്ത് വരുന്നു അപ്പൊ ഇവിടെ തന്നെ ഈ ബ്രാഹ്മണ ഭാഗത്ത് തന്നെ സമവേദം നമ്മൾ നോക്കിയാൽ അത് ഒട്ടുമുക്കാൻ സ്തുതികളാണ് എനിക്കറും എല്ലാ മന്ത്രങ്ങളും ഋഗുവേദത്തിനും മറ്റും വന്നിട്ടുള്ളതുമാണ് പുരുഷ സ്വത്ത് ർഗേദത്തിലുള്ളതാണ് അത് തന്നെ സമവേദത്തിനും ഇന്ദ്രൻ സോമൻ ഊഷാവ് തുടങ്ങി ഇവയെ സ്തുതിക്കുന്ന രീതിയിലാണോ സാമവേദ മന്ത്രങ്ങളെല്ലാം അവിടെ നിന്നും ഇത്തരത്തിലുള്ള ആത്മചർച്ചയൊന്നും വരില്ല അതത് കഴിഞ്ഞുവരുന്ന ഭാഗത്താണ് അതിൽ തന്നെ വേദത്തിൽ സ്തുതിയാണ് ഇന്ദ്രൻ രക്ഷകനാണ് ഇന്ദ്രൻ സംരക്ഷിക്കുന്നവനാണ് സോമത്തിന്റെ മഹത്വം പറയുന്നു ഇത്തരത്തിൽ സ്ത്രീകളാണെങ്കിൽ പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ ആ കർമ്മങ്ങൾ ഓരോ പ്രത്യേക കർമ്മങ്ങളിൽ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഈ മന്ത്രങ്ങളെല്ലാം സമീപത്തിലെല്ലാം മന്ത്രങ്ങളെല്ലാം കർമ്മത്തിൽ ഉപയോഗിക്കുന്നവയാണ് വൈദിക ആ കർമ്മങ്ങളോട് അനുബന്ധിച്ച് വരുന്ന ഉപാസനകൾ അതെങ്ങനെ ചെയ്യണം എന്നാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ പറയുന്നത് ബ്രാഹ്മണ ഭാഗങ്ങൾ അങ്ങനെയാണ് തുടർന്നു വരുന്ന എട്ട് അധ്യായങ്ങളും ഒമ്പതാം അധ്യായത്തിന് മുമ്പ് അശേഷത പരിസമാപിതാനി ഈ സാമവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അവിടെ അതിനെല്ലാം കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു സമസ്ത കർമ്മ ആശ്രയഭൂത ഉപാസനാനി യുക്താനി സമസ്ത കർമ്മങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന പ്രാണോപാസനയെക്കുറിച്ചും മറ്റ് ബ്രാഹ്മണങ്ങളിലും പറയുന്നുണ്ട് ഛാന്തൂപ്യത്തിനും ബൃഹധാരണികത്തിലും എല്ലാം പറയുന്നുണ്ട് അതുപോലെ ഇവിടെയും ഈ ബ്രാഹ്മണഭാഗത്തിലും പ്രാണോപാസനയെക്കുറിച്ച് പറഞ്ഞു കർമ്മത്തിന്റെ ഭാഗമാണ് കർമ്മം അനുഷ്ഠിക്കുമ്പോൾ വൈദികമായ കർമ്മമനുഷ്ഠിക്കുമ്പോൾ ഈ ബ്രാഹ്മണത്തിൽ വിശദീകരിക്കുന്ന രീതിയിൽ പ്രാണനെ ധ്യാനിക്കുന്നു അതാണ് പ്രാണോപാസന എന്ന് പറയുന്നത് ആ മന്ത്രങ്ങളിലൂടെ ആ മന്ത്രങ്ങളെ സ്മരിച്ചുകൊണ്ട് മന്ത്രങ്ങളെ അർത്ഥബോധത്തോടുകൂടി സ്മരിക്കുന്നതാണ് പ്രാണോപാസന അതെല്ലാം വിശദീകരിച്ചു കർമാഷയാണ് ഇതിനുമുമ്പാണ് ചർച്ച ചെയ്യുന്നത് കർമ്മത്തിന്റെ അംഗമായി വരുന്ന സാമ മന്ത്രങ്ങൾ അതും ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തു എന്ന് പറയുകയാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് മുമ്പ് പറഞ്ഞ ഭാഗങ്ങളും ഈ പറയുന്ന ഉപനിഷത്തും തമ്മിലുള്ള ബന്ധം കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഇതെന്തിന് ചർച്ച ചെയ്യുക രണ്ട് മുമ്പിൽ എന്താണ് ബന്ധം അതാണ് പറയുന്നത് അനന്തരഞ്ജ ഗായത്രി സമവിഷയം ദർശനം വംശാന്തമുക്തം അതുകഴിഞ്ഞ് ഗായത്രിസാമം എന്ന് പറയുന്ന ഒരു ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതിന് തൊട്ടുമുമ്പിൽ വംശാന്തം അതിലെ ഋഷി പരമ്പരയെ കുറിച്ച് അതും ചർച്ച പല ഭാഗങ്ങളിലും ഉപാസനകളെ കുറിച്ച് മറ്റും പറയുമ്പോൾ ഇത് ഏത് പരമ്പരയിലൂടെയാണ് വന്നിരിക്കുന്നത് ഏത് ശാഖയിലാണിത് വന്നിരിക്കുന്നത് ആരാണിതിലെ ഋഷി ദേവത സന്തസ് തുടങ്ങിയവ പറഞ്ഞിട്ട് ആ ഗുരുപരമ്പരയെ കുറിച്ച് പറയും അതെല്ലാം മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞു അതാ ഭാഗത്തെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാര്യം യഥോക്തം കർമ്മ ജ്ഞാനുഷ്ഠിതം നിഷ്കാമസ്യ മുക്ഷുഹു സത്വശുദ്ധിയർത്ഥം എന്തിനാണ് ഇത് പറയുന്നത് ഇവിടെ പറയുന്ന ഉപനിഷ ചർച്ചയും പൂർവഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് നമ്മളോടല്ല പറയുന്നു കാരണം ഈ സാമവേദം അത് സാങ്കം അധ്യയനം ചെയ്ത് ആ വേദത്തോട് അനുബന്ധമായി വരുന്ന ഈ പറയുന്ന കാണ്ടങ്ങളെല്ലാം അധ്യയനം ചെയ്ത് അതിന്റെ കർമ്മങ്ങൾ എന്താണ് അവിടെ ഉപാസനകൾ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളോടല്ലെന്ന് പറയുന്നത് അവരോട് പറയുമ്പോൾ ഇതെലിപ്പം മനസ്സിലാവും എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് അവർക്ക് മനസ്സിലാവും ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളെല്ലാം കൊടുക്കുന്നത് സർവമേതത് യഥോക്തം ഇന്ന് മുമ്പ് പറഞ്ഞതായ കർമ്മവും ജ്ഞാനവും ജ്ഞാനവും വെച്ചാൽ ഉപാസന ആത്മജ്ഞാനം എന്നുള്ളത് മുമ്പ് പറഞ്ഞ കർമ്മവും ഉപാസനയും സമയനുഷ്ഠിതം അത് സമ്യതായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിഷ്കാമസുക്ഷോ സത്വശുദ്ധ്യർത്ഥം ഭവതി നിഷ്കാമനായിരിക്കുന്ന ഒരു മൂക്ഷുവിന് അത് ചിത്തശ്രദ്ധിക്കുക എന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്ന ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ ആത്മജ്ഞാനം ആത്മജ്ഞാനത്തിന് Jenni, െ യോഗ്യനാക്കുന്നതിന് വേണ്ടിയാണ് ഇതിന് മുമ്പ് വന്ന ഭാഗങ്ങൾ അവനെങ്ങനെ അത് യോഗ്യനാകുന്നു അതിൽ പറയുന്ന കർമ്മങ്ങൾ അതിൽ പറയുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നിത്യകർമ്മങ്ങളെയാണ് കാമ്യകർമ്മങ്ങളല്ല ആ കർമ്മങ്ങൾ സമ്യക് അനുഷ്ഠിതം വിധിവത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിഷ്കാമനായിരിക്കുന്ന മോമൂക്ഷവിന് അതുകൊണ്ട് ചിത്തശുദ്ധിയുണ്ടാകും അങ്ങനെ ചിത്തശുദ്ധിയുള്ള ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങളെന്നാണ് അവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് കർമ്മത്തിന്റെ പ്രാധാന്യം അടുത്ത് പറയുന്ന മുഴുവൻ കർമ്മത്യാഗത്തെക്കുറിച്ചാണ് അപ്പോൾ കർമ്മത്തിന്റെ വ്യർഥത രണ്ടാമത്തത് രണ്ടും പറയുന്നുണ്ട് രണ്ടും നമ്മൾ സമയത്തായി മനസ്സിലാക്കണം ഇപ്പോ അത് പറഞ്ഞിട്ടുള്ളതാണ് കർമ്മത്തിന്റെ പ്രാധാന്യവും കർമ്മത്തിന്റെ വ്യർത്ഥതയും കർമ്മത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ച് ബോധിപ്പിക്കാനാണ് നമ്മളോട് കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നത് പിന്നെ ഒന്ന് മാത്രം എടുത്തു അത് അപൂർണമാണ് നമ്മൾ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ആത്മവിദ്യയ്ക്ക് ഉപകരിക്കത്തില്ല രണ്ടിനുണ്ട് പ്രാധാന്യം വേദ അധ്യയനം ചെയ്ത് അത് വിചാരം ചെയ്ത് പൂർവീമാംസയുടെ വിചാരം ചെയ്ത് കർമ്മത്തെ അനുഷ്ഠിച്ച് അതിൽ ഏതാണോ അനുഷ്ഠിക്കേണ്ട ആ കർമ്മത്തെ അനുഷ്ഠിച്ച് എല്ലാം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല ചിത്തശുദ്ധി വരുന്നതുവരെ കർമ്മസാർത്ഥകമാണ് അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല കർമ്മത്തെ ഉപേക്ഷിക്കുന്നുണ്ട് ചിത്തശുദ്ധി വരത്തില്ല കർമ്മത്തെന്തിനുപേക്ഷിക്കുന്നു കർമ്മം കൊണ്ട് നേടേണ്ടത് നേടി മനസ്സും പിന്നെ കർമ്മത്തിന്റെ ആവശ്യം അങ്ങനെ ആവശ്യമില്ലാതെ വരുമ്പോൾ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു അതാണ് സത്വശുദ്ധർത്ഥം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിവിടെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഇവിടെ കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറയുന്നതും കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നതും ഭാഷകാരൻ ഇവിടെ വിശേഷിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളെയോ അല്ല കാരണം കർമ്മങ്ങളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞല്ലോ ഇത് നവമാധ്യായമാണ് ഇതിന് മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങൾ എന്ന് പറയുമ്പോ അത് സ്പഷ്ടമാണ് വൈദികമായ കർമ്മമാണ് ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ലൗകികമായ കർമ്മങ്ങളെ അല്ല ഭാഷകാരും പല സ്ഥലത്തും ലൗകികം വൈദികം എന്ന് പറഞ്ഞ് ലൗകിക കർമ്മത്തെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ ലൗകികമായ കർമ്മങ്ങൾ ലൗകിക കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല അത് അനുഷ്ഠിക്കണമോ അതോ അത് ത്യജിക്കണമോ എന്നുള്ളത് ഒരു കാര്യം ചർച്ച ചെയ്യുന്നതേ ഇല്ല നമ്മളെല്ലാം സന്യാസിമാരാകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഉപേക്ഷിച്ചിട്ടാണ് അപ്പൊ അതിന് നമ്മൾ പറയുന്നത് എന്താണോ ശങ്കരാചാര്യർ പറഞ്ഞ കർമ്മത്തെ ഉപേക്ഷിക്കാൻ അതുകൊണ്ട് ഞാൻ അപേക്ഷിച്ച് സന്യാസിയായെന്ന ശങ്കരാചാര്യർ പറഞ്ഞതും ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ല എമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും പറയേണ്ടി വരുമെന്നു അറിയാം എന്നാലും പറയുക ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങളാണ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് ശങ്കരാചാര്യർ ഇവിടെ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ തന്റെ മുമ്പിൽ കാണുന്നത് വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്നത്തെ സമൂഹത്തെ അല്ല അവരുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും എല്ലാം പ്രസക്തിയുള്ളത് ഉപാസന എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന ദേവത ആരാധനകളെയല്ല അതിന് കൂടെ യാതൊരു സംഗതി പറഞ്ഞല്ലോ എടുത്തു പറഞ്ഞു പ്രാണോപാസന ഗായത്രി സാമോപാസന ഇതൊന്നും നമ്മൾ കേട്ടിട്ടു പോകുന്നുള്ളതല്ല പല ഉപാസനകളും ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായതാണ് അത്തരവും കർമ്മങ്ങളെയും ഉപാസനകളെയാണ് പരാമർശിക്കുന്നത് ൗകിക കർമ്മക്കാരണം അത് പ്രത്യേകം പറയുന്നുണ്ട് ലൗകികമായ കർമ്മങ്ങൾ അത് വൈദികന്മാർക്കുള്ളതല്ല ഇത് ഒരു സമൂഹം വർണ്ണവ്യവസ്ഥക്കും ആശ്രമ വ്യവസ്ഥക്കും അധിഷ്ഠിതമായി നിലനിരുന്ന കാലത്താണ് ഇതൊക്കെ എഴുതിയത് അവർക്ക് വേണ്ടി എഴുതിയതാണ് വർണ്ണവ്യവസ്ഥയിൽ തന്നെ ഇത് പറയുന്നത് ർക്ക് വേണ്ടിയാണ് ത്രൈവർണികരുടെ പാദസേവ ചെയ്യുന്ന ശൂദ്രന് വേണ്ടിയിട്ടല്ല അവനീ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ ഉപാസന ചെയ്യാനോ ഒന്നും സമയവും സൗകര്യമൊന്നുമില്ല അവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ ശൂദ്രന്മാർക്ക് വേണ്ടിയുമല്ല അവർക്കും ഇതിനൊന്നും സമയമില്ല ഇനി ത്രൈവർണികരിൽ തന്നെ വൈശ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൃഷിയും ഗോരക്ഷയും വാണിജ്യമായിട്ട് നടക്കുന്നവന് എവിടെ ഉപാസനയും കർമ്മവും പ്രയോജനമില്ല പിന്നെ വരുന്നത് ക്ഷത്രിയനാണ് അവനെന്താണ് രാജ്യം ഭരിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യുന്നവനോട് ഇത് പറഞ്ഞ് അവന് ഇതിനു വല്ല സമയമുണ്ടോ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഉപാസനിക്കും കുറേയൊക്കെ ഉണ്ടെങ്കിലും അവന്റെ മുഖ്യമായ ധർമ്മം അതൊന്നും പിന്നെ ഇതാരോടാണ് പറയുന്നത് വ്യജനം വ്യാജനം ദാനം പ്രതിഗ്രഹം അധ്യയനം അധ്യാപനം എന്ന് പറയുന്ന പഞ്ചകർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ബ്രാഹ്മണനോടാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം കാരണം ഈ ബ്രാഹ്മണന് മാത്രമേ ഇതിനൊക്കെ സമയമുള്ളൂ ഇതിൽ ഈ വൈദികധർമ്മ നിഷ്ഠനായി ജീവിക്കുന്നത് ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് മറ്റ് ലൗകികമായ കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കാനുണ്ട് അതുകൊണ്ട് ആ വൈദികധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ബ്രാഹ്മണനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിന് ഇന്നാൾക്കാർ വ്യാഖ്യാനിച്ചിട്ട് ഇന്നത്തെ സോഷ്യലിസവും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനെ സർവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നു പറയുകയാണ് സർവർക്കും വേണ്ടി ഇത് പറയുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ല കാരണം ഇത്തരം കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ ഇത്തരം ഉപാസനകളുടെ അനുഷ്ഠാനമോ പ്രസക്തി ഇല്ലാത്തടത്ത് അത് ഉപേക്ഷിക്കാൻ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഇവിടെ പറയുന്ന സന്യാസവും വൈദിക കർമ്മസന്യാസമാണ് അല്ലെങ്കിൽ വൈദിക ഉപാസനാ സന്യാസമാണ് പിന്നെ എന്താണ് ഇന്നത്തെ കാലത്ത് ഇതിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് ഇതി പറയുന്ന തത്വത്തെ മാത്രം ആത്മതത്വം അത് കാലദേശാതീതമായ കാര്യമാണ് കർമ്മവും കർമ്മത്യാഗവും മറ്റും അത് പരിമിതമാണ് കാലദേശങ്ങൾ കൊണ്ട് പരിമിതപ്പെട്ടതാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ കർമ്മമൊന്നും കർമ്മത്യാഗമെന്നുല്ലാം പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണെന്ന് തോന്നുന്നു അതല്ല അത് ഭാഷകാരൻ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ലൗകിക കർമ്മം അനുഷ്ഠിക്കുന്നവനോട് ഇത് പറയേണ്ട കാര്യമില്ല ലൌകിക കർമ്മം അനുഷ്ഠിക്കുന്നവൻ അതിനെ തൃജിച്ചിട്ട് അവൻ വൈദികധർമ്മ നിഷ്ഠനാകും വൈദികധർമ്മത്തെ പാലിക്കുന്നു ആ വൈദികധർമ്മ നിഷ്ഠനായിരിക്കുന്നവൻ അതിനെത്തിരിക്കണം ആ വൈദികധർമ്മ നിഷ്ഠ കൊണ്ട് ചിത്തശുദ്ധി നേടി ആ ചിത്തശുദ്ധി നേടിയതിനു ശേഷം ആത്മബോധത്തിന് വേണ്ടി ശ്രവണമല്ല വ്യത്യാസങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണഭാവം ഇതാണ് ശങ്കരാചാര്യരുടെ പക്ഷം അദ്വൈതപക്ഷം ഇതാണ് അത് നമ്മൾ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട ലൌകിക കർമ്മത്തെ ധരിക്കുന്നത് ആത്മബോധത്തിന് വേണ്ടിയിട്ടല്ല വൈദിക ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അതിന് പറയും ലൌകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെന്താണ് ഫലം വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെന്താണ് ഫലം എന്നെല്ലാം പറയും അത് വ്യക്തമായി മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് അത് അടുത്തു പറയുന്നു ഞാനീ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വിശദീകരിക്കുകയാണ് സകാമസ്യത്തോ ജ്ഞാനരഹിതാനി ശ്രൗതാനി സ്മാർത്താനിജ കർമാണി ദക്ഷിണ മാർഗ പ്രതിഭത്തയെ പുനരാവൃത്തയേതി സകാമസ്യത്തോ ഈ വൈദികധർമ്മികൾ വൈദികധർമ്മം അനുഷ്ഠിക്കുന്നവർ അതിൽ സകാമികളായിട്ടുള്ളു ഇവിടെ കാമം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ ഒന്നും എടുത്തതായി നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ടും ഇവിടെ പറയുന്ന കാമത്തിനൊരു ബന്ധമുണ്ട് അതെന്താണ് ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ വരുന്ന കാമങ്ങളാണ് അതെന്തിനു വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നത് അത് ഓരോ കർമ്മത്തിലും ആ കർമ്മത്തിന് ഇന്നതാണ് ഫലമെന്ന് പറയുന്നു ഈ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അറിയുന്നവൻ ആ ഫലത്തെ ആഗ്രഹിക്കുന്നു അതിനാണ് ഇവിടെ കാമം എന്ന് പറയുന്നത് അല്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ അതിനൊന്നുമല്ല ഇവിടെ എന്ന് പറയുന്നു അതാണ് സകാമസ്യത് ജ്ഞാനരഹിതസ്യ ജ്ഞാനം എന്ന് പറഞ്ഞു ഉപാസന ഉപാസന കൂടാതെ ഒരുവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു അത് ശ്രൗതമാകാം സ്മാർത്ഥമാകാം ശ്രൗതം എന്ന് പറയുമ്പോൾ വേദത്തിൽ പറയുന്നത് സ്മാർത്ഥം വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന സ്മൃതികളിൽ പറയുന്നു ആ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ഉപാസന കൂടാതെ അനുഷ്ഠിക്കുന്നു അതിന്റെ ഫലം എന്താണോ ദക്ഷിണ മാർഗ പ്രതിഭയെ അവന്റെ ഗതി ദക്ഷിണായനത്തിലൂടെയാണ് ഗീതയിലും മറ്റും നമ്മളത് ചർച്ച ചെയ്തതാണ് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല പുനരാവർത്തഏ ഭവന്തി അത് പുനരാവൃത്തിക്ക് കാരണമായി തീർന്നു ഈ പറയുന്നത് പൂർണമായും വൈദികമായ വൈദികം എന്ന് പറയുമ്പോൾ അതിന് സ്മൃതി കൂടെ അത് ചേർത്തോണത് അതിന്റെ ഭാഗമാണ് അതിന് പിന്തുടരുന്നതാണ് അത്തരം കർമ്മങ്ങളെ കുറിച്ച് ആദ്യം ചെയ്യുന്നവൻ വേദം അധ്യയനം ചെയ്യുന്നു അതിൽ നിന്ന് കർമ്മങ്ങളെ കുറിച്ചും ഫലത്തെക്കുറിച്ചും അറിയുന്നു ആ ഫലത്തെ ആഗ്രഹിക്കുന്നു ആ ഫലത്തെ നേടാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപാസനരഹിതമായാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അവൻ ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു അവന് പുനരാവൃത്തി സംഭവിക്കുന്നു സ്വാഭാവിക അശാസ്ത്രീയ പ്രവൃത്തിയാ പശ്വാദി സ്ഥാപരാന്ത അധോ ഗതിസിയാ ഇനി സ്വാഭാവികമായ പ്രവൃത്തിയുണ്ട് ആ സ്വാഭാവികമായ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ പശുവാദി അശാസ്ത്രീയ പ്രവൃത്തി സ്വാഭാവിക പ്രവൃത്തി എന്ന് പറയുമ്പോ അശാസ്ത്രീയമായ പ്രവൃത്തി ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ശാസ്ത്രമുണ്ട് സയൻസ് അതല്ല ഇവിടെ പറയും ശങ്കരാചാര്യർ പറയുന്ന ശാസ്ത്രം അന്ന് ഈ ശാസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു ഐൻസ്റ്റൈൻറെയും ന്യൂട്ടന്റെയും ശാസ്ത്രം അന്നും ഉണ്ടായിരുന്നു ആ ശാസ്ത്രത്തെ അല്ല പറയുന്നു ശാസ്ത്രം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ സയൻസ് ഉടൻ വ്യാഖ്യാനിച്ചുകൾ അതല്ല ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നതിന് ഇന്നത്തെ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് വൈദികമായ ശാസ്ത്രമാണ് അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ പറയുന്ന കർമ്മങ്ങളെക്കുറിച്ചും ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചുമാണ് മുമ്പ് പറഞ്ഞത് അശാസ്ത്രീയമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കർമ്മങ്ങൾ ആര് പറഞ്ഞതായാലും ശരി ഐൻസ്റ്റീൻ പറഞ്ഞതായാലും ശരി ന്യൂട്ടൺ പറഞ്ഞതായാലും ശരി അശാസ്ത്രീയമായ കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്റെ അശാസ്ത്രീയമായ കർമ്മങ്ങളാണ് ഇതെന്റെ ഇതനുസരിച്ച് പറയുന്നതല്ല ശങ്കരാചാര്യ പറയുന്ന അനുസരിച്ച് പറയുന്നത് ശങ്കരപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വേദം പഠിക്കുന്നു അതിന് കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഫലത്തെ അറിയുന്നു എന്നിട്ട് ആ ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുകയല്ല ഇന്നത്തെ ലോകത്ത് ഉള്ള കർമ്മങ്ങൾ അതിന്റെ ഫലം ആ ഫലത്തെയും കർമ്മത്തെയും നമ്മൾ മനസ്സിലാക്കുന്നു ആ ഫലത്തിനുവേണ്ടി ആ കർമ്മത്തെ ചെയ്യുന്നു ഇതിനെ എന്ന് പറയുന്നു അശാസ്ത്രീയമായ കർമ്മങ്ങൾ എന്ന് പറയുന്നു എന്തുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല ആ ശാസ്ത്രങ്ങൾ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന എന്താണോ പശ്വാതി സ്ഥാപനാന്ത അധോഗതി അതിന്റെ ഫലം എന്താണോ കാരണം ഇത് ശാസ്ത്രത്തിന് ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നത്തെ ശാസ്ത്രം മനസ്സിലാക്കി ചെയ്യും ആത്യന്തികമായി ഫലം എന്തായിരിക്കും എല്ലാ കർമ്മത്തിനും മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുഖ്യഫലമുണ്ട് അവാന്തരമായ ഫലമുണ്ട് അല്ലെങ്കിൽ ഗുണഫലങ്ങളുണ്ട് ഇന്ന് ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ശാസ്ത്രീയമല്ലാത്ത കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്ന് പറയുന്നത് മൃഗങ്ങൾ സ്ഥാവരമ്പരകൾ ഉച്ച ലതാദികൾ വരെയുള്ള ജന്മമാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ കർമ്മങ്ങൾക്ക് വരാൻ വഴിയില്ല കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ന കർമ്മം ചെയ്യുക അതിന് ഇന്ന ഫലത്തെ നേടുക ഇവിടെ അങ്ങനെയല്ല ഇത് സ്വാഭാവികമായി ചെയ്യുന്നതാണ് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്തതെല്ലാം സ്വാഭാവികമാണ് ഏതായാലും നമ്മൾ ശാസ്ത്രം നോക്കിയല്ല ചെയ്യുന്നു ശാസ്ത്രം നമ്മൾക്ക് അറിയില്ല അപ്പൊ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്തതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതെന്തായാലും ശരി കർമ്മങ്ങളുടെ സ്വാഭാവികമായ കർമ്മങ്ങളുടെ ഫലം എന്താണ് അധോഗതി എന്നാണ് പറയുന്നത് അധോഗതി എന്ന് പറയുന്നത് ഊർധ്വഗതി എന്ന് പറയുന്നതിന് വിപരീതമായിട്ട് ജീവനെ സംബന്ധിച്ച് പറയുകയാണ് ജീവന് രണ്ട് ഗതിയുണ്ട് ഒന്ന് ഊർധ്വഗതി മറ്റൊന്ന് അധോഗതി ആ ഊർധ്വഗതിയെന്ന് പറയുന്നത് ദക്ഷിണായനം ഉത്തരായണം അധോഗതി എന്ന് പറയുന്നത് ഈ പശുപക്ഷ്യാതി ജന്മങ്ങൾ അധോഗതി ച്ച് നമ്മൾ കർമ്മത്തിന്റെ സ്വഭാവം കർമ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാം എന്തിനാണ് കർമ്മം എന്ന് പറയുന്നത് എന്തിനാണ് ശാസ്ത്രമെന്ന് പറയുന്നത് എന്തിനാണ് കർമ്മഫലം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഭാഷകാരൻ പറയുന്നത് സ്വന്തം കല്പന അനുസരിച്ചിട്ടല്ല പ്രാമാണികമായിട്ടാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രത്തെ പ്രമാണമാക്കി പറയുകയാണ് ആ പ്രമാണങ്ങളാണ് അടുത്ത് പറയുന്നത് അധ ഏതയോ പഥോർണിമാനി ക്ഷുദ്രാണി അസകൃ ആവർത്തിനി ഭൂതാനി ഏതയോ പഥോർ ഇവിടെ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദക്ഷിണായനം മറ്റൊന്ന് ഉത്തരായണം വേറെ രീതി നിന്നും പറയുന്നതാണ് ദേവലോകപ്രാപ്തി ഇതർലോകപ്രാപ്തി ഈ രണ്ടു മാർഗങ്ങൾ ഈ രണ്ടു മാർഗങ്ങൾക്കും ഉപകരിക്കുന്ന കർമ്മങ്ങൾ കത്തര എണ്ണത്തിന് ഇതിലേതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതിരുന്ന ചുരുങ്ങിയ പക്ഷം ഒന്നിനെ ആശ്രയിക്കണം വൈദികന്മാരാണ് ചെയ്യുന്നത് അത് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ താൻ ഇമാനി ക്ഷുദ്രാണി അസഹൃത ആവൃത്തിനി ഭൂതാനുഭവന്തി ഈ ക്ഷുദ്രങ്ങളായിരിക്കുന്ന അല്പങ്ങളായിരിക്കുന്ന നിസ്സാരങ്ങളായിരിക്കുന്ന അസക ആവർത്തിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ പ്രാണികളായി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പശുവാതി സ്ഥാപനാന്ത ജനിക്കേണ്ടി വരുന്നു അതാണ് സ്വാഭാവികമായ ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഫലം അത് സംഭവിക്കുന്നു ജായസ്വ മിയസ്വ ഇത്തിയത് തൃതീയം സ്ഥാനം ഇത് മൂന്നാമത്തെ സ്ഥാനം ജനിക്കുക മരിക്കുക ഇതിവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റതങ്ങനെല്ലാം ജീവൻ ഊർധഗതിയായി ഉയർന്ന ലോകങ്ങളിൽ പോയി അവിടെ കഴിയും തിരിച്ചു വരേണ്ടി വരും എന്നാലും അവിടെ ചിരം ഉഷിത്വ പറയും ദീർഘകാലം അവിടെ വസിച്ചു തിരിച്ചു വരും ഇവിടെ എപ്പോഴും ഇങ്ങനെ തുച്ഛമായ കാലയളവിൽ ഒരു ചെറിയ ആയുസില് ജനിക്കുകയും മരിക്കുകയും ചെയ്യുക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇതൊന്നും വേണ്ടി വരുന്നില്ല ദേവലോകപ്രാപ്തിയായാലും ശരി പിതൃലോകപ്രാപ്തിയായാലും അത് പരമല്ല എന്ന് പറയും എന്നാലും ഇതിനപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ശാസ്ത്രീയമായോ വൈദികമായോ മാർഗത്തെ പിന്തുടരണം അത് ശ്രേഷ്ഠമാണ് ൗകികമായ സ്വാഭാവികമായ പ്രവൃത്തികളെ അപേക്ഷിച്ചു അപ്പൊ നമ്മളിൽ നിന്ന് ഈ ശാസ്ത്രങ്ങളെയൊന്നും അവലംബിക്കാതെ നമ്മൾ എന്തെങ്കിലും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന്റെ ഫലം ഇത് തന്നെ പുനരഭിജനനം പുനരഭി മരണം അത് അതിന്റെ ഫലം ഇതി ശ്രുതേഹേ പറയുന്നു താനീ പറയുന്നത് ശ്രുതിയെ പ്രമാണമാക്കിയാണ് കേവലം യുക്തിയെ പ്രമാണമാക്കിയിട്ടല്ല മറിച്ചാണെങ്കിലും പ്രജാഹ തിസ്രോ അത്യായം ഇരുജമന്ത്ര പറഞ്ഞ ഇങ്ങനെയും പറയുന്നുണ്ട് തിസ്രഹ പ്രജാഹ പ്രജകൾ മൂന്ന് തരത്തിലുള്ള പ്രജകൾ അണ്ടജം ഉദ്ഭിജം സേതജം അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അവരാണ് തിസ്രഹപ്രജാഹ എന്ന് പറയുന്നത് മൂന്നു തരത്തിലുള്ള യോനികൾ അതിൽ നിന്നുണ്ടാകുന്ന ജന്മങ്ങൾ അതിൽ വരുന്നാണ് പക്ഷിമൃഗാദികളും വിക്ഷലത്താദികളും അതിനെയാണ് ഈ പറയുന്നത് അണ്ടജംജം സ്വതജം അത്യായം ഈഹു അതിക്ലേശകരമായ കഷ്ടതമമായ ജന്മങ്ങളെ യീഹു പ്രാപിക്കുന്നു അത് ക്ലേശകരമാണ് ഈ മൂന്ന് തരത്തിലുള്ള യോനികളെ പ്രാപിച്ച് കഷ്ടതരമായ കഷ്ടതമമായ ജന്മത്തെ പ്രാപിക്കുന്നു ആര് സ്വാഭാവികമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ ശാസ്ത്രത്തെ ആശ്രയിക്കാത്തവർ പ്രമാണങ്ങളെ സ്വീകരിക്കാത്തവർ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർ അതാണ് സംഭവിക്കുന്നത് അടുത്ത ജന്മത്തെക്കുറിച്ച് പറയുകയാണ് ഈ മൂന്ന് പ്രജകളായിത്തീരും പക്ഷി മൃഗാദികളും ഭക്ഷ്യലതാദികളും അങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ള സ്വാഭാവികമായ പ്രവൃത്തി ചെയ്യുന്നവരോട് അല്ല ഇവിടെ വേദം പറയും അവരോട് പറഞ്ഞു കഴിഞ്ഞു ഇന്നതാണ് നിന്റെ കർമ്മത്തിന്റെ ഫലം ഇന്നതാണ് എന്ന് പറഞ്ഞു ി മറിച്ചാണെങ്കിലോ വൈദിക മാർഗത്തിലേക്ക് തിരിഞ്ഞാലോ വൈദിക മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കർമ്മങ്ങളെല്ലാം അവൻ ചെയ്യുന്നു അവൻ വേദം അധ്യയനം ചെയ്യുന്നു അവൻ സ്മൃതികൾ മനസ്സിലാക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കർമ്മങ്ങളെയും ഫലങ്ങളെയും മനസ്സിലാക്കുന്നു നിത്യം നൈമിത്തികം കാമ്യം നിഷിദ്ധം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മനസ്സിലാക്കുന്നു വർണ്ണ ആശ്രമധർമ്മങ്ങൾക്കനുസരിച്ച് ഉള്ള കർമ്മങ്ങളെ അവൻ അനുഷ്ഠിക്കുന്നു അതിൽ തിരിക്കേണ്ടവനുപേക്ഷിക്കുന്നു കാമ്യ നിഷിദ്ധങ്ങളുപേക്ഷിക്കുന്നു നിത്യനൈമിത്യ കർമ്മങ്ങളെ ചെയ്യുന്നു അത് ഒരു കർമ്മം തന്നെ ലൗകികവും ശാസ്ത്രീയവുമാകും അതും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വാഭാവികമായി അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ലൗകികം ശാസ്ത്ര ബോധത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയം എന്താണ് എൻ്റെ വ്യത്യാസം യുദ്ധം അത് ക്ഷത്രിയന്റെ ധർമ്മമാണ് അത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ ധർമ്മ നിയമം അനുസരിച്ചാണ് അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയ കർമ്മമായി അതല്ല യുദ്ധം ചെയ്യുന്നവരെല്ലാം ധർമ്മ നിയമം അനുസരിച്ചല്ല ചെയ്യും സഹജമായ സ്വാഭാവികമായ പ്രേരണ കൊണ്ട് യുദ്ധം ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലൗകികമാവും അവിടെയാണ് എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല അവിടെ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ അതിൽ ശാസ്ത്രീയമായ മാർഗങ്ങളെ അവലംബിക്കുന്നുണ്ടോ എന്നോ ക്ഷത്രിയന്റെ നിത്യകർമ്മം എന്ന് പറയുമ്പോ അതിൽ യുദ്ധത്തിനെയും പെടുത്തിരിക്കും യുദ്ധം അതിന്റെ നിത്യകർമ്മമാണ് നിത്യകർമ്മമാണെന്നുള്ള ബോധത്തോടുകൂടി നിത്യകർമ്മത്തിന്റെ വ്യവസ്ഥകളോടുകൂടി അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സ്മാർത്തകർമ്മ അല്ലെങ്കിൽ അത് സ്വാഭാവിക കർമ്മമാണ് ഇങ്ങനെയാണ് കർമ്മത്തെ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു എന്താണോ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സ്വാഭാവികമായ കർമ്മങ്ങളാണ് ലൗകികമായ കർമ്മങ്ങളാണ് അതിന്റെ ഫലം അധോഗതിയാണെന്ന് പറഞ്ഞു അതതിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റൊരു കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല പറഞ്ഞത് ഇതേ കർമ്മങ്ങളെ തന്നെ നമ്മൾ ശാസ്ത്രീയമാക്കുകയാണത് അങ്ങനെ ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധമെന്നത് പോലെ അത് തന്നെ ലൗകികവും ശാസ്ത്രീയവും ഉണ്ടല്ലോ ഇതേ കർമ്മങ്ങൾ തന്നെ ശാസ്ത്രീയമായി ചെയ്ത ശാസ്ത്രീയമായി ചെയ്യാന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ചെയ്യുമ്പോൾ കാരണം അവിടെ വൈദികമായാലും സ്മാർത്ഥമായാലും അവിടെ പ്രാധാന്യം കൊടുക്കുന്ന ധർമ്മത്തിനാണ് ഇത്തരം കർമ്മങ്ങൾ ധാർമ്മികമായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കർമ്മങ്ങളിൽ വിവേചനം വരും അത് നിത്യമാണോ നൈമിത്തികമാണോ കാമ്യമാണോ നിഷിദ്ധമാണോ എന്നുള്ള വിവേചനം വരും ആ ധർമ്മബോധത്തിലെ ആ വിവേചനം വരും ഇന്ന് ചെയ്യുന്ന ആ ലൗകികമായ കർമ്മങ്ങൾ തന്നെ ആ ധർമ്മബോധത്തോടുകൂടി വിവേചനത്തിൽ വരുമ്പോൾ ഇതിൽ തന്നെ എന്തുവരും നമുക്ക് നിഷിദ്ധം ഉപേക്ഷിക്കേണ്ടതുവരും നിത്യമായി അനുഷ്ഠിക്കേണ്ടതുവരും കാമ്യം വരും ആ കാമ്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു നിഷ്കാമഭാവം വരും അപ്പോൾ അവിടെ ധർമ്മബോധം വന്നു കഴിഞ്ഞു അങ്ങനെ നിഷ്കാമ ബോധത്തോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ ശാസ്ത്രീയ കർമ്മങ്ങളായി മാറും പക്ഷെ അവിടെ അത് ശ്രുതി സ്മൃതി മൂലകമായിരിക്കും എന്ന് വെച്ചാൽ അവിടെ നിർദ്ദേശിക്കുന്ന ധർമ്മബോധത്തോടുകൂടിയാകണം അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായ പ്രവൃത്തിയായി മാറും സാധാരണ മനുഷ്യൻ ഈ കർമ്മം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടാണ് ധർമ്മബോധം കൂടാതെയാണ് അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലം അധോഗതിയാണ് കാരണം അവിടെ വിവേചനമില്ല അവനവിടെ എന്താണ് കാമ്യം എന്താണ് നിഷിദ്ധമെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ കാമ്യമായി അവനുഷ്ഠിക്കുന്നു അതിൻ്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അധോഗതി ഫലമായി തീരും അപ്പോൾ ലൗകികമായ കർമ്മങ്ങളെയും ശാസ്ത്രീയമാക്കാം അപ്പോ വൈശ്യന്റെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു കൃഷി ഗോരക്ഷമാണിത് ഇത് സ്മാർത്ഥമാണ് കാരണം സ്മൃതി നിർദ്ദേശിക്കുന്നതാണ് ആ കർമ്മങ്ങൾ ധർമ്മബോധത്തോടു കൂടി വരുമ്പോൾ അത് സ്മാർത്ഥമായി അശിമ അതില്ലാതെ ചെയ്യാം സ്വാഭാവികമായി ചെയ്യാം ഇതൊന്നും അറിയാതെ ധർമ്മധർമ്മ വിവേകം കൂടാതെ ചെയ്യാം ൗകികമായി ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്മാർത്ത കർമ്മങ്ങളെ സംബന്ധിച്ച് വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് ബന്ധിച്ചൊന്നും സാധ്യമല്ല വൈദികമായ കർമ്മങ്ങൾ പൂർണമായും വൈദികം തന്നെ അതലൗകികം തന്നെ സ്മാർത്തകർമ്മെങ്ങനെയാണ് രണ്ടുമാകാം ലൗകികവും ധാർമ്മികവുമാകാം ഇവിടെ ഭാഷകാരൻ പറയുന്നത് ശ്രവതമൊന്നും സ്മാർത്ഥമൊന്നും പറയുമ്പോൾ ഇന്ന് സമൂഹം ഭൂരിപക്ഷം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവയല്ല അത് കേവലം ലൗകീയമാണ് കാരണം അവിടെ ധർമ്മബോധമില്ല മാത്രവുമല്ല ഇന്ന് ധാർമ്മികമായി കർമ്മം ചെയ്യുക പ്രയാസമാണ് ധർമ്മത്തെ വേണമെങ്കിൽ ധർമ്മത്തെ മനസ്സിൽ സൂക്ഷിക്കുക സത്യം ധർമ്മം നീതി ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളതല്ലാതെ കർമ്മത്തിൽ ഇതെല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രയാസമാണ് കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വിരുദ്ധമായതുമൊക്കെ പ്രവർത്തിക്കേണ്ടി വരും അത് കാലത്തിൽ വരുന്ന മാറ്റം അത് മറ്റൊരു വിഷയമാണ് അതെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് ഇതാണ് ആ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ തന്നെ പറയുന്നു നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതാണ് അടുത്ത് പറയുന്നത് വിശുദ്ധ സത്യസ്യത്വ നിഷ്കാമ സൈവ ബാഹ്യാത് അനിത്യാ സാധ്യസാധന സംബന്ധ സുഹകൃത പൂർവകൃതാദ്ശേഷ ഉദ്ഭവാ വിരക്ത പ്രത്യേകാത്മവിഷയ ജിജ്ഞാസ പ്രവർത്തത ഇവിടെ ഇന്ന് ആ ഉപനിഷത് ഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിതം ആര് പ്രേരിപ്പിച്ചിട്ടാണ് ആരുടെ ഇച്ഛയാൽ പ്രേരിതമായിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ജിജ്ഞാസയാണ് ഈ ജിജ്ഞാസയിൽ ഒരുവൻ എത്തിച്ചേരണമെങ്കിൽ അവൻ നിഷ്കാമനായിരിക്കണം എന്നാണ് നിഷ്കാമനുണ്ടെങ്കിൽ ആത്മവിഷയമായി ചവരപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് മനുഷ്യർ കർമ്മത്തിന് മുഴുകിയിരിക്കുകയാണ് പക്ഷെ കാമനയോടുകൂടി കർമ്മത്തിൽ മുഴുകീരിക്കുന്നത് കൊണ്ട് അവർക്ക് ജിജ്ഞാസ വരുന്നില്ല എന്താണ് ആത്മാവ് എന്ന് ജിജ്ഞാസ വരുന്നില്ല ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ജിജ്ഞാസ വരുന്നില്ല ചിന്തിക്കുന്നതും തന്റെ കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരെ സമീപിക്കുന്നതും അതിനു വേണ്ടി തന്നെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ് തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നിഷ്കാമനായിട്ടല്ല എന്തുകൊണ്ട് കാരണം ഇന്ന് മനുഷ്യൻ ലൗകികമായ കർമ്മങ്ങളിൽ മുഴുകുന്നവനാണ് ശ്രൗതസ്മാർദ്ധ കർമ്മങ്ങൾ ആരും അനുഷ്ഠിക്കുന്നില്ല ധർമ്മബോധത്തോടുകൂടി അവൻ കർമ്മം അനുഷ്ഠിക്കുന്നില്ല അങ്ങനെ കർമ്മമനുഷ്ഠിച്ചവന് ചിത്തശുദ്ധി വരുന്നില്ല അതുകൊണ്ട് അവൻ നിഷ്കാമനാകുന്നില്ല നിഷ്കാമനാകാത്തോണ്ട് അവൻ ആത്മജിജ്ഞാസിയുണ്ടാകുന്നില്ല ഒരുവിനുള്ളിൽ ആത്മജിജ്ഞാസ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് നിഷ്കാമത്വം സംഭവിച്ചിരിക്കണം ഏറെക്കുറെങ്കിലും സംഭവിച്ചിരിക്കണം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിക്കും എനിക്ക് ആത്മജിജ്ഞാസിയുണ്ട് അതേസമയം ഞാൻ സകാമനുമാണ് പൂർണ്ണമായും നിഷ്കാമനാണെന്ന് പറയാൻ വേണ്ടി ഇത് രണ്ടും സംഭവിക്കണം എന്തുകൊണ്ട് അത് കർമ്മത്തിൽ വരുന്ന ദോഷങ്ങൾ അവന് കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല കർമ്മങ്ങൾ അവന് വീണ്ടും കാമനകളെ ഉണ്ടാക്കുന്നു എന്നാൽ അവന്റെ പൂർവ പുണ്യം കൊണ്ട് അവന് നിഷ്കാമഭാവവും വരുന്നു രണ്ടും ഒരുമിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിക്കാം അതിൽ ഏറ്റക്കുറച്ചിൽ വരാം ചിലരിൽ നിഷ്കാമഭാവം ഏറിയിരിക്കും കാമന കുറഞ്ഞിരിക്കും ചിലരിൽ കാമന കൂടിയിരിക്കും നിഷ്കാമഭാവം കുറഞ്ഞിരിക്കും എന്തായാലും ഇവിടെ പറയുന്ന ആത്മവിദ്യയ്ക്ക് അധികാരിയാകുന്നതിന് അവൻ നിഷ്കാമനായിരിക്കണം അവനവന് മനഃശുദ്ധിയുണ്ടായിരിക്കണം അതിനുവേണ്ടി അവൻ കർമ്മം അനുഷ്ഠിച്ചിരിക്കണം ആ കർമ്മം അനുഷ്ഠിച്ച് അവന് കർമ്മത്യാഗം സാധ്യമാകൂ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് കർമ്മത്യാഗമെന്ന് കേട്ടുടനെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചിലത് പരാതി പറയും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് തടസ്സമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ ചിലർക്ക് അനുഭവപ്പെടും ചെയ്യുന്ന പ്രവൃത്തികൾ തനിക്ക് തടസ്സമായി അനുഭവപ്പെടുന്നു തന്റെ ആത്മജിജ്ഞാസയ്ക്ക് തടസ്സമായി അനുഭവപ്പെടുന്നു എന്ന് ചിലർ പറയാറുണ്ട് ശരി അങ്ങനെ ആത്മജിജ്ഞാസയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തടസ്സമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്ന കർമ്മങ്ങൾ പക്ഷെ ഒരു കാര്യം എന്താണോ ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിച്ച് പിന്നെ മറ്റൊരു കർമ്മത്തിൽ പിടിക്കുന്നു അത് അത് പാടില്ല പിന്നെ ഉണ്ടാവും ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കണം അതിന് കഴിയണം പറയുന്നത് ശരിയാണ് ഞാൻ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാനിപ്പോൾ ആത്മനിഷ്ഠനായി തന്നെ ആയിരിക്കുന്നു എന്താ ആത്മനിഷ്ഠെന്ന് പറഞ്ഞാൽ മറ്റൊരു കർമ്മവും ചെയ്യാതിരിക്കുന്നു അതല്ല എന്റെ മനസ്സ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആത്മനിഷ്ഠനാകാൻ പറ്റും വാചികവും കായികവുമായ കർമ്മത്തെ ഉപേക്ഷിച്ച പോലെ മാനസികവുമായ കർമ്മത്തെ കൂടി ഉപേക്ഷിക്കും സ്മൃതിരൂപത്തിനും ഭാവനാരൂപത്തിനും വരുന്ന കർമ്മങ്ങളെക്കൂടി ഉപേക്ഷിക്കും അങ്ങനെ ഉപേക്ഷിച്ച് ആത്മനിഷ്ഠനായിരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്നൊന്നും ആരോട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല അവൻ സർവകർമ്മ സന്യാസികൾ അവനതിന് യോഗ്യനാണ് അവനതിന് അർഹതയുണ്ട് അങ്ങനെ ആകാത്ത പക്ഷം മിഥ്യാചാരനാവും നമ്മളത് ചർച്ച ചെയ്തതാണ് അവൻ്റെ കൂടെ നിഷ്കാമനെന്ന് കേൾക്കുമ്പോ എടുത്തു ചാടരുത് അതുകൊണ്ട് കാര്യമില്ല അതതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ് പറയുന്നത് നിഷ്കാമസ്യ അവനു കാമനകളില്ല ഐഹികമോ പാരത്രികമോ ആയ കാമനകളൊന്നുമില്ല രണ്ടാമതൊരു കർമ്മത്തെ സ്വീകരിക്കേണ്ട ആവശ്യം അവന് വരുന്നില്ല കർമ്മം അവൻ വേണ്ടവണ്ണം അനുഷ്ഠിച്ചു കഴിഞ്ഞു കർമ്മ പ്രേരണ ആന്തരികമായി സംഭവിക്കാതിരിക്കുന്നതാണ് മനഃസിദ്ധിയുടെ മറ്റൊരു ലക്ഷ്യം ഒരു കർമ്മത്തെ വിട്ടിട്ട് മറ്റൊരു കർമ്മകർമ്മത്തെ പിടിക്കുന്ന അതല്ല അത്തരത്തിലാവും അങ്ങനെ നിഷ്കാമനായിരിക്കുന്നവന് അവൻ എങ്ങനെയുള്ളവനാണ് വിരക്തസ്യ അവനാണ് വിരക്തനായിരിക്കുന്നത് വിരക്തനായിരിക്കുക രാഗമില്ലാതിരിക്കുന്നവൻ എന്നാണ് രഞ്ജിക്കപ്പെട്ടത് അതാണ് രക്തം വിരക്തം അതിൽ നിന്ന് വിനോർമുക്തനായവൻ രാഗരഹിതനായിരിക്കുന്നവൻ അത് പറയാൻ എത്ര എളുപ്പമാണ് ആന്തരികമായി എത്ര പ്രയാസമുള്ള കാര്യമാണ് രാഗമുക്തി എന്ന് പറയുന്നത് അപ്പം നിഷ്കാമനായാൽ അവൻ രാഗമുക്തനായിരിക്കണം അവന് മാത്രമേ കർമ്മത്തെ ത്യജിക്കാൻ അധികാരമാണ് അവനാണ് അധികാരി അല്ലാത്തവൻ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് രാഗമുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും ഇവിടെ അടുത്തിനി വരുമ്പോൾ പറയും ആ സന്യാസമെന്ന് പറയുന്നത് ഏഷണാത്രയ ത്യാഗമാണ് അത് പൂർണമായും അത് വിരക്തി തന്നെയാണ് അതിന് ബാഹ്യവുമായ ഈ വേഷഭൂഷാദികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം എന്തുകൊണ്ടത് രാഗം എന്ന് പറയുന്നത് എവിടെയാണ് ആ ശരീരത്തിലാണോ ഇരിക്കുന്നത് അല്ലല്ലോ നമ്മളേതെങ്കിലും കർണങ്ങളിലാണോ അതിരിക്കുന്നത് അല്ല രാഗം സ്ഥിതി ചെയ്യുന്നത് അന്ധകരണത്തിലാണ് മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരിടത്ത് രാഗമില്ല അത് വിഷയങ്ങളിലില്ല സ്വന്തം ശരീരത്തിലില്ല കേവലം അത് ആ ജീവനെ ആശ്രയിച്ചിരിക്കുകയാണ് അവന്റെ ആ രാഗത്തിനെന്ന് ഉള്ള വിനർമുക്തി അതിനാണ് വിരക്തി എന്ന് പറയുന്നത് ആ രാഗത്തെയാണ് യേഷണ എന്ന് പറയുന്നത് രാഗമുക്തി അതാണ് സന്യാസം എന്ന് പറയുന്നത് നമുക്കതറിയാം അറിയാത്തുള്ള കാര്യം ഞാൻ ബോധിപ്പിക്കുകയല്ല ഉദ്ബോധിപ്പിക്കുകയല്ല അറിവുണ്ടെങ്കിലും ഭ്രമിച്ചോ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങളെല്ലാം അറിവില്ലാത്തവരാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നു അറിവ് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്നുള്ള ഒരു ദോഷമേ പക്ഷേ അറിവുണ്ടെങ്കിലും ഭ്രമിച്ചു സന്യാസം എന്ന് പറയുന്നത് രാഗമുക്തി എന്ന് ധരിക്കത്തില്ല അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെങ്ങനെ സ്വയം പറയാൻ കഴിയും ഞാനൊരു സ്വാമിയാണ് അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ ആർക്കാ കഴിയും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയും രാഗമുക്തനാണെന്ന് ആർക്ക് പറയാൻ കഴിയും മനസ്സിൽ നിന്ന് രാഗം നഷ്ടപ്പെട്ടവനാണെന്ന് പറയാൻ കഴിയും അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സന്യാസമൊന്നും സ്വാമിയാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കുന്നതിലെന്താ അർത്ഥമുണ്ടോ എഴുതി വയ്ക്കാൻ കൊള്ളാം പ്രിന്റ് ചെയ്യാൻ കൊള്ളാം അല്ലാതെ വരെ വിശേഷിച്ച് അർത്ഥമില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള സന്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള സന്യാസത്തിന് വേണ്ടി കർമ്മത്തെ ഉപേക്ഷിച്ച് കാവ്യൊടുക്കാനല്ല ശങ്കരായ പറഞ്ഞിരിക്കുന്നു ശങ്കരായ പറയുന്ന ആ സന്യാസത്തിന് രാഗമുക്തി എന്നുള്ള അർത്ഥമേ നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമൊന്നുമില്ല അതിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വിരക്തസ്യ നിഷ്കാമസ്യ അതിൽ സംശയം നോക്കുന്നുണ്ടെങ്കിൽ അത് നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അനിത്യാധ സാധ്യസാധന സംബന്ധ ബാഹ്യമായിരിക്കുന്ന അനിത്യമായിരിക്കുന്ന സാധ്യസാധന സംബന്ധം ആ സാധ്യസാധന സംബന്ധം ഇവിടെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഈ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്ന ആ കർമ്മങ്ങൾ ഇതന്നെ ബാഹ്യമാണ് ബാഹ്യം പറഞ്ഞാൽ ആത്മബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുറമെ അനുഷ്ഠിക്കുന്നതാണ് ഓരോ സങ്കല്പങ്ങളും ചെയ്യുന്നതാണ് അത് അതിൽ നിന്നും വിരക്തനായിരിക്കണം അത് പറയാം ഞാൻ വിരക്തനാണ് എന്തുകൊണ്ട് ഞാൻ ശ്രൗതമോ സ്മാർത്ഥമോ ആയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിരക്തനാകാൻ പറ്റുമോ ഇല്ല പറയുന്നു ഇഹകൃതാത് പൂർവകൃതാത്മാ ഇപ്പൊ ചെയ്യുന്നത് ഇവിടെ ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ഈ ജന്മത്തിൽ ചെയ്തു അതിൽ നിന്ന് നീ വിരക്തനാകണം അതിൽ നിന്ന് മാത്രമല്ല പൂർവകൃത മുമ്പ് ചെയ്തതിൽ നിന്നും വിരക്തനാകണം എന്നോ ശരി ഇന്ന് ചെയ്യുന്നതിൽ നിന്നും വിരഗ്തനാകുന്ന കാര്യം എളുപ്പമാണ് അതെനിക്ക് മനസ്സിലാകും കാരണം ഞാൻ വേദം പഠിക്കുന്നില്ല ശ്രുതികളൊന്നും പഠിക്കുന്നില്ല അവിടുത്തെ കർമ്മത്തെക്കുറിച്ച് എനിക്കറിയുന്നില്ല ഫലത്തെക്കുറിച്ച് അറിയുന്നില്ല അതൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പം ഞാൻ അതിൽ നിന്നെല്ലാം വിരക്തനാണ് അറിയാതെ അതിൽ രാഗമുണ്ടാകാതെ അനുഷ്ഠിക്കാതിരുന്നാൽ പിന്നെ വിരക്തനാണല്ലോ രാഗമില്ല വിരക്തനെന്ന് വെച്ചാൽ രാഗമില്ലെന്നേ ഉണ്ട് കുറച്ച് അതെളുപ്പമാണ് ഇന്നത്തെ ചുറ്റുപാടുകൾ പക്ഷെ പൂർവകൃത അതിൽ നിന്നുകൂടി ഇവിടെ ആവശ്യപ്പെടുകയാണ് അതിൽ നിന്നും വിരക്തി ഉണ്ടാകണം പൂർവ്വകൃതമായതിൽ നിന്നുള്ള വിരക്കെങ്ങനെ ഉണ്ടാവും അത് ഉള്ളിലേക്ക് നോക്കിയാലറിയാം ഉള്ളിൽ രാഗം കാമം അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർവകൃതമായതിന്റെ ഫലമാണ് അതില്ലയെന്ന് പറയാൻ കഴിയത്തില്ല അതെന്തായാലും കൂടെ ഉണ്ട് രാഗമുള്ളിലുണ്ട് പൂർവകൃതമായ കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ട് അത് കാലദേശങ്ങൾ മാറിയതുകൊണ്ട് കാലദേശങ്ങൾക്കനുസരിച്ച് നമ്മെ പ്രാപിക്കുന്ന ആ വിഷയങ്ങളിലാകുന്നേ ഉള്ളൂ അത് സ്വർഗത്തിനൊന്നും പോകുന്നില്ല പിതൃലോകത്തിലോ ദേവലോകത്തിലോ ഒന്നും ഇപ്പൊ കാമനയില്ല പക്ഷെ ആ കാമന എന്ന് പറയുന്ന സാധനം അവിടെയുള്ളൂ അത് പോകുന്ന എവിടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ പൂർവകൃതമായ ആ രാഗമുള്ളിലുണ്ട് അതിൽ നിന്നും വിദഗ്ധനാകണം എന്നാണ് അത് കർമ്മം ചെയ്യാതിരുന്നാൽ പറ്റും സന്യാസം കൊണ്ടാൻ സാധിക്കുമോ കൂടത്തേ ഉള്ളൂ അത് സാധിക്കത്തില്ല പൂർവകൃതാദ് സംസ്കാര വിശേഷ ഉദ്ഭവാ വിശദീകരിക്കുന്നു അക്കാമം സംസ്കാര വിശേഷത്തിൽ നിന്നും വേണമെങ്കിൽ പറയാതെ പുണ്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് പൂർവത്തിൽ ചെയ്ത പുണ്യത്തിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന ആ കാമനകളിൽ നിന്നും വിദഗ്ധനാകുന്നു അവനുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സന്യാസം എന്ന് പറയുന്നത് അവനാണ് പ്രത്യേകാത്മവിഷയ ജിജ്ഞാസ പ്രവൃത്തത അവനാണ് തന്നെ കുറിച്ച് അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നത് അവനും മറ്റൊന്നിനെ കുറിച്ചും അറിഞ്ഞിട്ട് പ്രത്യേകിച്ചും ലാഭമൊന്നുമില്ല നേട്ടമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് അവന് പ്രത്യേകാത്മവിഷയമായിട്ടുള്ള വിജ്ഞാസ ഉണ്ടാകുന്നു തതേതത് വസ്തു പ്രശ്ന പ്രതിഭജന ലക്ഷണയാശ്രീത്യ പ്രദർശിത കേനേഷിതം ഇത്യാദിയ തതേതത് വസ്തു അപ്പോൾ അങ്ങനെ വിരക്തനായിരിക്കുന്നവന് അവനീ തത്വജിജ്ഞാസ ഉണ്ടാകുന്നതിന് ഹേതുവായിരിക്കുന്ന ആ വസ്തു അതിന് നിമിത്തമായിരിക്കുന്ന വസ്തു എന്താണ് താൻ തൽ തന്റെ സ്വരൂപം സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുതൻ അതിൽ അത് എങ്ങനെ ഇവിടെ ശ്രുതി കാണിക്കുന്ന ചോദ്യോത്തര രീതിയിൽ പ്രശ്ന പ്രതിവചന രക്ഷണയ ശ്രുതി ആ രൂപത്തിലുള്ള ശ്രുതി പ്രദർശിതയ ആ വസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ആത്മവസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് അതാണ് കേനേഷിതം എന്നു തുടങ്ങുന്ന മന്ത്രങ്ങൾ എന്ന് ആമുഖമായി പറയുകയാണ് ഇതുവരെ പറഞ്ഞു വന്നത് ഒരുവനെങ്ങനെ ജിജ്ഞാസ ഉണ്ടാകുന്നു അതിന് എന്ത് വിഷയത്തിലാണ് ഈ ജിജ്ഞാസ ഉണ്ടാവേണ്ടത് ആ ജിജ്ഞാസ ഉണ്ടാകുന്ന ഹേതുക്കൾ എന്തൊക്കെയാണ് ആ ജിജ്ഞാസവിന്റെ യോഗ്യത എന്തൊക്കെയാണ് ആ ജിജ്ഞാസയ്ക്ക് അവന്റെ അപൂർവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് ശ്രുതിയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തു ശ്രുതിയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഉപനിഷത്തും അതിന് മുമ്പിൽ വന്ന കർമ്മ ഉപാസനാകാന്ഡങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തു ഇത് രണ്ടും ആവശ്യമാണെന്നുള്ള നിലയ്ക്കാണ് ചർച്ച ചെയ്തത് കർമ്മ ഉപാസനകളുടെ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നവന് ആത്മജി ചെയ്ത് അവരുണ്ടാകുന്നു എന്ന് അതിന് വീണ്ടും പ്രമാണങ്ങൾ പറയുന്നു കാഠകേജ ഉക്തം നമ്മളത് ചർച്ച ചെയ്തതാണ് പരാഞ്ചി ഖാനി സ്വയം പ്രത്യേകാത്മാനമൈക്ഷവൃതചക്ഷു അമൃതത്വം ഇച്ഛൻ ഇത്യാദി അങ്ങനെ നിരവധി ശ്രുതികളുണ്ട് സ്വയംഭൂ ഈ സൃഷ്ടികർത്താവ് ഖാനി പരാഞ്ചി ഗതർണത്ത് ഈ ഇന്ദ്രിയങ്ങളെ ബഹുർമുഖമാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബാഹ്യമായ പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിൽ അനുഭവയോഗ്യമായ വിഷയങ്ങളെയും ശബ്ദസ്പർശ രൂപരസ്യബന്ധത്തിലുള്ള വിഷയങ്ങളെയും ആ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് ഉള്ള ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെയും അതിന്റെ ഭോക്താവായിരിക്കുന്ന ജീവനെയും എന്നാ സൃഷ്ടിച്ചു അപ്പൊ സൃഷ്ടിയുടെ വിശേഷത അനുസരിച്ച് തന്നെ ആ ജീവൻ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തസ്മാ പരാങ് പശി ഇക്കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായും ആ സൃഷ്ടിയുടെ വൈചിത്രി എന്ന് പറയാം സൃഷ്ടി അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് പ്രത്യേകാത്മാവിനെ കാണുന്നില്ല പരാം ബാഹ്യമായി അവൻ കാണുന്നു എന്നാ അന്തരാത്മൻ അന്തരാത്മാവിനെ കാണുന്നില്ല വനാധികാലമായി ഈ ജീവൻ ഒരു ഭോക്താവായി ഇതിനെല്ലാം അനുഭവിക്കുന്നവനായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ഒഴുക്കിൽ കസ്റ്റിദ്ധീര ഏതോ ഒരു ഏതോ ഒരു വിവേകശാലി ബുദ്ധിക്കിബലമുള്ളവനെന്നും പറയാം അവൻ പ്രത്യേകാത്മാനം ഐക്ഷ അവൻ സ്വസ്വരൂപത്തെ കാണുമെന്ന് ആഗ്രഹിച്ചു ബാഹ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മതി ഇനി തന്നെ അറിയാം എന്നവൻ ആഗ്രഹിച്ചു അവൻ എങ്ങനെയുള്ളവൻ ആവൃത്ത ചക്ഷു അവൻ അവന്റെ കണ്ണുകളെയെല്ലാം ഉള്ളടക്കിയവൻ അമൃതത്വം ഇച്ഛൻ അവൻ അമൃതത്വത്തെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ഇവിടെയും രണ്ടു കാര്യങ്ങളും പറയുന്നു ഒന്ന് ആ ജീവന്റെ അധോഗതി ബഹിർമുഖമായ ഗതി സ്വാഭാവികമായ ഗതി മറ്റൊന്ന് ജീവന്റെ ഊർധഗതി അവൻ മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഇത്യാദി വീണ്ടും പറയുന്നുണ്ട് ബൃഹദാരണ്യത്തിൽ പരീക്ഷ ലോകാൻ കർമ്മചിത്താൻ ബ്രാഹ്മണോ നിർവേദം ആയാ ബ്രാഹ്മണ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ പറഞ്ഞു ബ്രാഹ്മണ വൈദികമായ ധർമ്മനിഷ്ഠനായി ജീവിക്കുന്നവൻ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ധർമ്മബോധത്തോടു കൂടി അനുഷ്ഠിക്കുന്നവൻ അവൻ എന്തു ചെയ്തു പരീക്ഷ ലോകാൻ കർമ്മജിത അവൻ ഈ കർമ്മം കൊണ്ട് നേടാവുന്ന ലോകങ്ങളെ കർമ്മഫലങ്ങളെ എല്ലാം പരീക്ഷ മനനം ചെയ്ത് അവൻ വിജിച്ചറി വേദം അധ്യയനം ചെയ്തു കർമ്മങ്ങളെല്ലാം വിധി അനുഷ്ഠിച്ചു കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കി വിവേകം കൊണ്ട് അവന് ബോധ്യപ്പെട്ടു ജന്മാന്തരങ്ങൾ കൊണ്ട് നിർവേദം ആയാ അവൻ വിരക്തനായി മുമ്പ് പറഞ്ഞു ഈ കർമാനുഷ്ഠാനവും അതിന്റെ ഫലാനുഭവം കൊണ്ട് അവൻ മതിയായി അതാണ് നിർവേദത്തെ അവൻ പ്രാപിച്ചു എന്നിട്ടവൻ തീരുമാനിച്ചെന്താണ് നാസ്തി ആകൃതൃ ആകൃതമായിരിക്കുന്ന സ്വസ്വരൂപം ഒരു കർമ്മത്തിൻ്റെയും ഫലമായിരിക്കുന്ന അകൃതം എന്ന് വെച്ചാൽ ഫലം ഒരു കർമ്മത്തിന്റെയും ഫലം ആയിരിക്കാത്ത സ്വസ്വരൂപം കൃത്യേന ഈ കർമ്മം കൊണ്ട് നേടാൻ സാധ്യമല്ല ഈ ഉപാസനകൾ കൊണ്ട് നേടാൻ സാധ്യമല്ല എന്ന് നിശ്ചയിച്ച ഒന്നാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ടവൻ ഈ കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിച്ചു കർമ്മഫലത്തിന് വേണ്ടിയാണ് ചിത്തശുദ്ധിയെ പ്രാപിച്ചു എന്നിട്ട് എന്ത് ചെയ്തു സദ്വിജ്ഞാനാർത്ഥം സഗുരുമേവ അഭികച്ച് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം അവനെന്ത് ചെയ്തു അന്നത്തെ ആ ശ്രുതി നിർദ്ദേശ രീതി പറയുകയാണ് ശ്രോതമായ വ്യവസ്ഥയനുസരിച്ച് പറയുകയാണ് തദ്വിജ്ഞാനാർത്ഥം അകൃതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ കർമ്മത്തിലൂടെ നേടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ വിരക്തനായപ്പോൾ അവന് ജിജ്ഞാസയുണ്ടായി സ്വസ്വരൂപത്തിന്റെ വിജ്ഞാനത്തിന് വേണ്ടി അതിന്റെ അപരോക്ഷമായ അനുഭവത്തിനു വേണ്ടി അവൻ സമിത്പാണിയായി സമിത്പാണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവന സന്നദ്ധനായി ശ്രോത്രിയനായിരിക്കുന്ന വേദം അധ്യയനം ചെയ്തവനായ അതുകൂടി മനസ്സിലാക്കുന്ന ഒരാൾ വേദം അധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ശ്രോത്രിയാകത്തിന്റെ കാരണം ഇതേഷി തന്നെയാണ് പറഞ്ഞത് വേദം അധ്യയനം ചെയ്തവൻ മര കഴുതിയാണ് വേദ അധ്യയനം ചെയ്യുന്നോണ്ട് കഴുതിയാണ് ഇപ്പെന്താണ് ശ്രോത്രിയൻ ശ്രുതി അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചവൻ അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് എന്താണ് ബ്രഹ്മനിഷ്ഠൻ ആത്മനിഷ്ഠനായിരിക്കുന്നു ആത്മബോധത്തോടു കൂടി സ്ഥിതി ആ ഗുരുവിനെ ാർത്ഥം സ്വസ്വരൂപത്തിന്റെ അതിനുവേണ്ടി ഗുരുമേവ അഭികച്ച് അവനെന്ത് ചെയ്യുന്നു ആ ഗുരുവിനെ ഗുരു അഭികിച്ച് ഏവ ഗുരുവിനെ പ്രാപിക്കുക തന്നെ ചെയ്തു അവന് മറ്റൊന്നുമില്ല പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ പരീക്ഷിക്കുന്നു മറ്റൊന്നെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവയ്ക്കുന്നുണ്ട് അവൻ സമിത് പാണിയായി എന്ന് പറയുന്നത് യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാളാണ് അവൻ ഗുരുവിന്റെ സമീപത്തുകൾ ചെല്ലുമ്പോൾ അതുകൊണ്ട് ചെന്ന അത് അവന്റെ സേവന സന്നിദ്ധതയെ സൂചിപ്പിക്കാൻ അതിനുവേണ്ടി അവൻ ചെല്ലുന്നു ചിലർക്ക് സംശയം വരും അവന് കർമ്മം ചെയ്തു ചിത്തശുദ്ധി നേടി അവന് ജിജ്ഞാസയുണ്ടായി ജ്ഞാനത്തിന് വേണ്ടി ഗുരുവിന്റെ അടുത്ത് പോകുന്നു എന്നും എന്താ സേവനം ആശ്രമത്തിൽ വന്നതിന് ശേഷവും വീണ്ടും സേവനം പലരും പറയാ അതിനാണെങ്കിൽ പിന്നെ പുറത്തു ആത്മവിദ്യയെ ആഗ്രഹിക്കുന്നതിനുള്ള അനേക കടമ്പകൾ കിടക്കുന്ന ഉള്ള സേവനങ്ങൾ വീണ്ടും ആവശ്യമാണ് ചിത്തശുദ്ധി ചിത്ത ഏകാഗ്രത ചിത്തപ്രസാദം ഇതെല്ലാം സമ്പാദിക്കുന്നു പവൻ ഗുരുവിൻ്റെ സമീപത്തിൽ നിന്ന് നേടേണ്ടത് പലതുമുണ്ട് വീണ്ടും അവൻ സേവന സന്നദ്ധനാകേണ്ടതുണ്ട് സംസ്കാര ശേഷമാകാതെ അവനിൽ നിന്ന് കാമനകൾ ഒഴിയണം എന്നുവെച്ചാൽ സംസ്കാരം അവശേഷിക്കാം ഗുരുസന്നിധിയിൽ അവൻ അനുഷ്ഠിക്കേണ്ടതായി കരുതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും അവൻ സമിത്വാണിയായി അല്ല ഞാനി ആയെങ്കിൽ പിന്നെ ഗുരുവിന്റെ സമീപത്തിൽ ചെല്ലണ്ടല്ലോ എല്ലാം തികഞ്ഞവനാണെങ്കിൽ പിന്നെ ഇതിന് ഗുരുവിനെ സമീപിക്കണം എല്ലാം തികയാത്തുകൊണ്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത് അവൻ എല്ലാം തികയാത്തവനാണെന്നുള്ള ബോധത്തോടുകൂടി വിനയാാന്യുതനായി അവൻ ഗുരുവിനെ സമീപിക്കുന്നു അവന്റെ ആ യോഗ്യതയുടെ അവന്റെ അറിവിന്റെ സാക്ഷാത്കാരത്തിനായി പിന്നെന്തെല്ലാം അനുഷ്ഠിക്കണമോ അവിടെയും പറയുന്നുണ്ടല്ലോ ശ്രവണം മനനം നിര്ഭ്യാസം അതിനും വരാം വിഘ്നങ്ങൾ ആ വിഘ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വീണ്ടും അവന് യജ്ഞ ആവശ്യമാണ് ആ യജ്ഞത്തെ സൂചിപ്പിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ താൻ യോഗ്യനാണെന്ന് സ്വയം തീരുമാനിക്കുന്നുണ്ടായി അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിഘ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തനിക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ആ വിഘ്നങ്ങളെ എങ്ങനെ നിവാരണം ചെയ്യണമെന്നും അറിയാൻ കഴിയത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഗുരുവിന്റെ ആവശ്യമുള്ളത് സാധാരണപ്ര എന്താണോ കർമ്മം ചെയ്യുന്നു ചിത്തശുദ്ധി വരുന്നു ജ്ഞാനം പ്രകാശിക്കുന്നു അങ്ങനെ ഞാനും സ്വയംഭൂതമാകട്ടൊന്നുമില്ല ചിത്രശുദ്ധി വന്നു കഴിഞ്ഞാൽ കാരണം എന്തുകൊണ്ട് വീണ്ടും അതിന് വിദിനുണ്ടാവും അതുകൊണ്ടാണ് ശ്രവണ മനനങ്ങൾ ഗുരുവിനെ സമീപിച്ച് ശ്രവണ മനനങ്ങൾ അന്വേഷിച്ചാലും അവന്റെ ഉള്ളിലൊരു വെളിത്തം അനുഭവപ്പെടാത്ത ഉള്ളിൽ വീണ്ടും ഇരുട്ടുക അതുകൊണ്ടാണ് അവർ ഇന്ന് സമിത് ഗുരുവിന്റെ പ്രാധാന്യത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകട്ടെ മറ്റേത് തത്വങ്ങളെ വർണ്ണിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാനതിന് ഊന്നിപ്പറയുന്നത് അതിന് താഴെയുള്ളൂ ബാക്കിയുള്ള എല്ലാ തത്വചിന്തയും എല്ലാ അഭ്യാസങ്ങളും എല്ലാ സാധനങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതിന് താഴെയുള്ള ഗുരു ചെയ്യേണ്ടത് ഈശ്വരന് പോലും ചെയ്യാൻ സാധ്യമല്ല അത് ഗുരുതന്നെ ചെയ്യണം മറ്റൊരാൾക്കും ചെയ്യാൻ സാധ്യമാണ് അതുകൊണ്ട് പറയുന്നെന്താണ് വീണ്ടും അവൻ വിരക്തനായി യോഗ്യനായിട്ട് കൂടി വീണ്ടും അവൻ സമിത്പാണിയായി വീണ്ടും തനിക്ക് പലതും അനുഷ്ഠിക്കാൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി അവൻ ഗുരുവിനെ സമീപിക്കുന്നു പറയുന്നുണ്ട് പിന്നെന്താവും ചെയ്യുന്നത് അടുത്തത് പറയുന്നു പ്രത്യേകാത്മവിഷയം വിജ്ഞാനം ശ്രോതും മന്ദം വിജ്ഞാനം ചാമർഥ്യം ഉപപദൃദ്ധ്യത നയ ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എമും ഹി വിരക്തസ് അങ്ങനെ വിരക്തനായിരിക്കുന്നവൻ അവൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു അവൻ മനഃശുദ്ധി വന്നു അവൻ സമിത്പാണിയായി ഗുരുവിനെ സമീപിച്ചു ഇത്രയുമായി കഴിഞ്ഞാൽ പ്രത്യേകാത്മവിഷയം വിജ്ഞാനം ഈ പ്രത്യേകാത്മാവിനെ സംബന്ധിക്കുന്ന ഈ വിജ്ഞാനത്തെ വീണ്ടും അവശേഷിക്കും വിനു അവനോ കർത്തവ്യം വിശേഷിക്കുന്നുണ്ട് ഈ വിജ്ഞാനത്തെ അവൻ ശ്രവിക്കണം തത്വത്തെ ശ്രവിക്കണം മനനം ചെയ്യണം സാക്ഷാത്കരിക്കണം വിജ്ഞാനം ഇത് പറയുമ്പോഴാണ് പലർക്കും ഇഷ്ടപ്പെടാത്ത പലരും പറയുന്ന എന്താണ് ഗുരുവിന്റെ സമീപത്ത് കിടന്ന് ഉറങ്ങിയാൽ മതി റോക്കറ്റ് പൊങ്ങി വരുന്നതുപോലെ വിജ്ഞാനം പൊങ്ങിവരും ാണ് ഒരു സുപ്രഭാതത്തിൽ അത് പ്രതീക്ഷിച്ച് ഉറങ്ങുന്ന ഒത്തിരി പേര് എനിക്ക് നേരിട്ടറിയാം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല ഇവിടെ അതല്ല പറയുന്നു ആചാര്യസ്വാമികൾ പറയുന്ന അതല്ല ശ്രുതി പറയുന്ന അതല്ല നീ പ്രവർത്തിക്കണമെന്നാണ് ആ ഗുരുവിന്റെ സമീപത്തുകൾ ഉറങ്ങുന്നത് പുണ്യം തന്നെയാണ് അത് ഒരു സംശയമില്ല പക്ഷെ ഇവിടെ പറയുന്ന ഫലത്തിന് അത് മാത്രം പോരാ അത് മാത്രമല്ല അതിലൊരു തമാശയുള്ളത് ദിവൻ തീരുമാനിക്കുന്നതാണ് ഗുരുവിന്റെ സമീപത്തുകൾ എന്ന് ഉറങ്ങിയാൽ മോശം കിട്ടു ഗുരു നിർദ്ദേശിച്ചിട്ടില്ല ഒരിടത്തും എന്നാലും താൻ തന്നെ തീരുമാനിച്ചങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ് എനിക്കിനും മറ്റൊന്നും വേണ്ട ഗുരുവിന്റെ സമീപത്ത് കിടന്നാ മതി ഗുരുവിനെ ചുറ്റിപ്പറ്റി നിന്നാ മതി ബാക്കിയെല്ലാം സംഭവിച്ചോളൂ ഗുരു അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ ഗുരു ഉറങ്ങാനല്ല ഉണർന്നിരിക്കാനാണ് നിർദ്ദേശിക്കുന്നത് ഉണർന്ന് പ്രവർത്തിക്കാനാണ് ഗുരു ആവശ്യപ്പെടുന്നത് അതാണ് പറയുന്നത് ഏവം ഹി വിരക്ത സിയ അങ്ങനെ ഗുരുവിനെ പ്രാപിച്ചവനും അവന് പിന്നെയുണ്ട് വിജ്ഞാനം ഈ വിജ്ഞാനത്തെക്കുറിച്ച് അതും പറഞ്ഞു വിജ്ഞാനത്തെ എന്ത് ശ്രവിക്കാൻ വിജ്ഞാനത്തെ എന്ത് മനനം ചെയ്യാൻ വിജ്ഞാനത്തെ സാക്ഷാത്കരിക്കാൻ അത് പ്രത്യക്ഷപ്പെടുന്നതല്ലേ അങ്ങനെയല്ല ഇവിടെ പറയുന്നത് ആ വിജ്ഞാനത്തെ ശ്രവിക്കണം ശ്രവിച്ചാലേ അത് പ്രത്യക്ഷപ്പെടും വാസ്തവമാണോ അത് പ്രത്യക്ഷപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതിനു മുമ്പ് അത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഉറങ്ങിയാൽ പറ്റത്തില്ല ശ്രവിച്ചാലേ പറ്റും മന്ദം അത് മനനം ചെയ്യും അവനെ സാക്ഷാത്കരിക്കണം അവനെ ധ്യാനിക്കണം സാക്ഷാത്കരിക്കണം ഉറങ്ങിയാൻ ഇതെങ്ങനെ സംഭവിക്കും അതിന് സമാധാനം ഉണ്ടവെന്ന് ഉറങ്ങുന്നവനെന്താണ് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കും ശരി അതിനോട് ചോദിക്കാം ഗുരു പറയാണ് നീ ഉറങ്ങിക്കുക ഞാൻ അനുഗ്രഹിച്ചോ എന്ന് പറയണെങ്കിൽ ശരി സംഭവിക്കും നിന്റെ ജോലി ഉറങ്ങുക എന്റെ ജോലി അനുഗ്രഹിക്കുക അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഗുരു ഗുരുവുമായിട്ട് എത്തിച്ചേരാമെങ്കിൽ ശരി ഉറങ്ങുക ഗുരു അനുഗ്രഹിക്കും അല്ലാത്ത പക്ഷം ഗുരു ഇതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എന്താണോ ഗുരു പ്രവർത്തിക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇത് അനുഷ്ഠിച്ചേപ്പറ്റ ഗുരുവിന്റെ സമീപത്ത് പോയി ഗുരുവിന്റെ വാക്കുകൾ ശ്രവിച്ച് അതിനെ മനനം ചെയ്ത് അതിനെ ധ്യാനിച്ച് ആ തത്വത്തെ അനുഭവപ്പെടുത്തണം അതിലൂടെ ആചാര്യസ്വാമികൾ ആവശ്യപ്പെടുന്നത് എല്ലാ ഗുരുക്കന്മാരും ഇത് തന്നെ ആവശ്യപ്പെടുന്നു ഇതൊരു ശിഷ്യന്മാർ ചെയ്യുന്ന ദുർവ്യാഖ്യാനങ്ങളാണ് എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല എനിക്ക് ഗുരുവിന്റെ അനുഗ്രഹം മാത്രം മതി ഗുരുവിൻ്റെ അനുസരണം എനിക്ക് ആവശ്യമുണ്ട് ഗുരുവിന്റെ അനുസരണം കൂടാതെയുള്ള അനുഗ്രഹം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അബദ്ധമാണ് മൂർഖത കൊണ്ട് പറയുന്നത് ശുദ്ധവിവരക്കേടാണ് ഇനി ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ ഞാൻ ഡിക്ഷണറി നോക്കിയിട്ട് നാളെ പറയാം അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് സ്രോതും മന്ദും വിജ്ഞാതം സാമർഥ്യം പറയുന്നു ഉപപദ്ധ്യത നാന്യത മറ്റൊരു വഴിയില്ലായിരുന്നു ഭാഷകാലം തീർത്ത് പറയുകയാണ് അന്യഥ മറ്റേതെങ്കിലും ഒരു ഉപായം അവനവന്റെ പ്രവൃത്തി തന്നെയാണ് മുഖ്യമായ ഉപായം അതിന് ഈശ്വരന്റെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം വേണം അത് ശരിയാണ് അതിനാണ് അനുഗ്രഹം വേണ്ടത് അതല്ലാതെ അന്യഥ മറ്റൊരു വഴിയുമില്ല എന്ന് തീർത്ത് പറയും അതിന്റെ ആമുഖമായ ഭാഷയിലൂടെ തുടർന്നിട്ടുണ്ട് അത് തുടർന്ന് ചർച്ച ചെയ്യും ശിഷ്യ സാധന സാധന